തീർച്ചയായും വിശ്വസിക്കുകയും പിന്നീട് അവിശ്വസിക്കുകയും പിന്നീട് വീണ്ടും വിശ്വസിക്കുകയും പിന്നീട് വീണ്ടും അവിശ്വസിക്കുകയും അതിനുശേഷം അവിശ്വാസത്തിൽ വർദ്ധിക്കുകയും ചെയ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹുവല പുറത്തുകൊടുക്കുകയില്ല അവരെ ഒരു നേർവഴിയിലേക്ക് നയിക്കുകയും